ശ്രീമാരാണുപരാതങ്കജസ്മരീമാരോജസാധനകർമ്മോലമതേ ത്വം ബ്രഹ്മരാമുക്തൈ നമൈദം ഓ സഹന സഹ നോഭു സിദ്ധാന്തം <laughs> <laughs> താഥ്യൂനസ്വേകിഥ്യനി സഹതയഥു മോക ധാന്യം എങ്ങനെയാണെന്ന് നോക്കണം ീകൃത്യം അതാദ്യമുണ്ടല്ലോ സത്യൃതീകൃത്യ അത്യന്തവിതയോ ധർമ്മധർമ്മിണോ ഇതരേതരവിവേകന അന്യൂനസ് അന്യൂനയാത്മകതൂനധർമാ അധ്യസമർഗിക് അഹമിദം മമേതം ഇത്യം ലോകവ്യവഹാര അങ്ങനെയാണ് ബാമതിക്കനുസരിച്ച് അന്വേഷിക്കുക അതില് എന്താണ് സത്യാനൃദയ മിഥിനീകൃത്യം സത്യാന മിഥരിച്ചിട്ട് മിഥുനീകൃത്യെന്നുവെച്ചാൽ യുഗലീകൃത്യം ഒന്നായിട്ട് സത്യാനങ്ങളുടെ മിഥുനീകരണം ഒന്നാകാതെ തന്നെയാണ് എന്തത് അത് തന്നെ അധ്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടും പിന്നെ മിഥ്യാജ്ഞാന നിമിത്ത മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാലും അധ്യാസം തന്നെ സത്യാനുദയം മിഥിനീകൃത്യ എന്ന് പറയുന്നത് അധ്യാസമാണ് അധ്യസ്യ എന്ന് പറയുന്ന അത് അധ്യാസമാണ് മിഥ്യാജ്ഞാന നിമിത്ത അത് അധ്യാസമാണ് ഇതൊക്കെ അധ്യാസത്തെ കുറിച്ച് പറയുകയാണ് പിന്നെ ബാക്കി പറയുന്നതൊക്കെ കാരണങ്ങൾ ഇതരേതര അവിവേകേന എന്ന് പറയുന്നത് കാരണമാണ് അധ്യാസത്തിന്റെ കാരണം ഇതുരേതര അവിവേകം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിവേകം ഞാനും ഇല്ലാതിരിക്കുക ഇതര ഇതരങ്ങളെന്ന് പറഞ്ഞാൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള പേര് തിരിച്ചുള്ള അറിവ് അതില്ലാതിരിക്കുക പിന്നെ അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മികണോ അപ്പോ ധർമ്മവും ധർമ്മിയും അതിനെക്കുന്ന അത്യന്ത വിവിക്തമെന്ന് വെച്ചാൽ ഭിന്നങ്ങളായ ധർമ്മികളും ധർമ്മങ്ങളും അത്യന്ത വിവിക്തങ്ങളായ ധർമ്മികളാണ് എന്താത്മാവും ശരി അത്യന്ത വിവിക്തങ്ങളായ ധർമ്മങ്ങളാണ് ശരീരധർമ്മങ്ങളും ചൈതന്യം ആനന്ദം തുടങ്ങി ആത്മധർമ്മങ്ങൾ ആത്മാവിന് ധർമ്മങ്ങളില്ലെങ്കിലും ഇവിടെ ധർമ്മത്തെ കൽപ്പിക്കും ഉപാധി കൊണ്ടുള്ള ധർമ്മത്തെ കല്പിക്കും അതെല്ലാം കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ട പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്ന ഇതാണ് എന്താണ് അധ്യസ്യ വ്യവഹാര ഈ ഭാവം അഹമിതം അമിതം ിതിവഹാരം വ്യവഹാരം എന്തുകൊണ്ട് സംഭവിക്കുന്നു അധ്യാസം കൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അധ്യാസം ഉണ്ടെങ്കിൽ വ്യവഹാരം സംഭവിക്കും അധ്യാസം ഉണ്ടെങ്കിൽ വ്യവഹാരമില്ല അപ്പോ വ്യവഹാരമുള്ളത് എപ്പോഴൊക്കെയാണ് ജാഗ്രതരും അവിടെന്നുകൊണ്ട് വ്യത്യാസം ഉണ്ട് വ്യത്യാസം കാരണമാണ് വ്യത്യാസം ഇല്ലാത്ത ഇവിടെ അവിടെ വ്യവഹാരവും ഇതാണ് ഭക്ഷ്യക്കാരന്റെ സിദ്ധാന്തം അതിലെ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് അവര്ണ വ്യാഖ്യാനം അങ്ങനെയാണ് മിഥ്യാജത് അജ്ഞാനഞ്ച് മിഥ്യയായ അനുവചനീയമായ അജ്ഞാനം എന്ന് വ്യാഖ്യാനിക്കുന്നു ഭാമതികാരം വ്യാഖ്യാനിച്ച് മിഥ്യാജ്ഞാനം അധ്യാസ അപ്പൊ മിഥ്യ അജ്ഞാനമല്ല മിഥ്യാജ്ഞാനമാണ് മിഥ്യ എന്നുള്ള ഒരു പ്രശ്നം ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഒരു മിഥ്യ അജ്ഞാനം എന്ന് പറയും വിവരണകാരന്റെ വ്യാഖ്യാനം അങ്ങനെയാണ് മിഥ്യയായിരിക്കുന്ന അനുവചനീയമായിരിക്കുന്ന അജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനവിദ്യാശക്തി എന്നർത്ഥമാണ് അനുവചനീയമായിരിക്കുന്ന അവിദ്യാശക്തി സാമധികാരം പറഞ്ഞെന്താണ് മിഥ്യാജ്ഞാനം അധ്യാസം ഇത് വലിയൊരു വ്യത്യാസമാണ് ഈ വ്യത്യാസത്തിന്റെ പേരിൽ അദ്വൈതത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോ ആ വരുന്ന വ്യത്യാസങ്ങൾ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മിഥ്യാ ചത് അജ്ഞാന അനോചനീയമായ വിദ്യാശക്തി എന്നെടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് മൂലാജ്ഞാനം എന്ന് പറയും അങ്ങനെ പറയും രജ്ജി സർപ്പാദികളിലൊക്കെ ഉള്ള ഇത് തൂലാജ്ഞാനം മറ്റത് മൂലാജ്ഞാനം അങ്ങനെ രണ്ടായി പേർ ജീവിക്കും അപ്പൊ മൂലാജ്ഞാനമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു അങ്ങനെ പറയും അല്ലെങ്കി മിഥ്യാജ്ഞാനോ അധ്യാസം നടത്തുകഴിഞ്ഞാൽ ാണ് മായ അമ്പ്യാകൃതം പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയൊക്കെ സംഭവിക്കുന്നത് എന്താണ് മായാശക്തി ഉണ്ടെന്നോ അപ്പൊ മിഥ്യാജ്ഞാനത്തെ അധ്യാസവും നടക്കുന്ന ഒരു വ്യാഖ്യാനിക്കുന്ന മിഥ്യാജ്ഞാന കല്പിതമാണ് മായ എന്ന് വെച്ചാൽ അധ്യാസ കല്പിതമാണ് കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് അധ്യസ്യ അതാ മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം മിഥ്യാജ്ഞാന നിമിത്തം കൊണ്ടാണ് എല്ലാ വ്യവഹാരവും സംഭവിക്കുന്നത് അപ്പം മിഥ്യാജ്ഞാനം അധ്യാസമാണ് അധ്യാസ നിമിത്തമാണ് എല്ലാ വ്യവഹാരവും മായ വ്യാകൃതം എല്ലാ ശക്തികളും അധ്യാസ നിമിത്തമാണ് അധ്യാസം എന്ന് പറയുന്നത് അനാദിയാണ് അതാണ് മുഖ്യം അപ്പോ അവിടെ മൂലാജ്ഞാനം എന്ന് പറയുന്നതിന് നിഷേധിക്കും അങ്ങനെയൊന്നുമില്ല പല പ്രക്രിയകളാണ് അതൊരു പ്രധാന വ്യത്യാസം പിന്നെ നൈസർഗികം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അനാദി എന്ന് കാണിക്കാൻ വേണ്ടി കാരണം ഇപ്പോ ഈ അത്യാസം എന്തുകൊണ്ട് നടക്കുന്നു പൂർവ്വജന്മത്തിലെ അധ്യാസം അല്ലെങ്കിൽ പൂർവ്വകല്പത്തിലെ അധ്യാസം അല്ലെങ്കിൽ പൂർവ്വ ജാഗ്രത്തിലെ അധ്യാസം അപ്പോ പൂർവ്വത്തിലെ ഒരു അധ്യാസം ഉണ്ടായാലേ ഇപ്പൊ അധ്യാസം സംഭവിക്കൂ കാരണം അധ്യാസത്തിന് ഇവിടെ പറയുന്ന പോലെ തന്നെ അധിഷ്ഠാനവും ആരോവും തമ്മിലുള്ള ഭേദാഗ്രഹം ഭേദജ്ഞാനം പാടില്ല സജാതീയമായ പൂർവ്വ സംസ്കാരം വേണം നല്ല അധ്യാസം സംഭവിക്കും ഇപ്പൊ പൂർവ്വ സംസ്കാരം എന്ന് പറയുമ്പോൾ പൂർവ്വജന്മത്തിലെ സംസ്കാരം ആവാം പൂർവ്വകല്പത്തിലെ സംസ്കാരം ആവാം പൂർവ്വ ജാഗ്രത്തിലെ സംസ്കാരമാവും ആ സംസ്കാരം ഉണ്ടെങ്കിലേ അധ്യാസം ഇപ്പൊ സംഭവിക്കത്തുള്ളൂ അപ്പൊ പൂർവ്വ കല്പത്തിൽ അല്ലെങ്കിൽ പൂർവ്വ ജാഗ്രത്തിൽ അല്ലെങ്കിൽ പൂർവ്വ ജന്മത്തിൽ അതെവിടെ നിന്ന് ഒന്നും ആൻറെ മുമ്പേ അപ്പൊ അനാദിയാണ് അപ്പൊ അധ്യാസത്തെ അംഗീകരിക്കണമെങ്കിൽ ഏതു വർഷം അനുസരിച്ചാലും ശരി ശരി അധ്യാസത്തെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം അനാദിയായി സ്വീകരിക്കണം അനാദി അല്ലെങ്കിൽ അധ്യാസത്തെ സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷികാരൻ അവസാനം പറയും എന്താണ് അനാദി അനന്തം എന്ന് പറയാം പറഞ്ഞാൽ എന്താണ് ജ്ഞാനം കൂടാതെ നശിക്കത്തില്ല ആ അർത്ഥത്തിൽ നിത്യൊന്നുമുള്ള അർത്ഥത്തിലല്ല ഇതിത്രയാണ് ഇവിടെ അധ്യാസത്തിൽ പ്രധാനമായിട്ടുള്ളത് അടുത്ത് ചോദിക്കുന്നു കോയം അധ്യാസം എന്താണ് അധ്യാസം എന്ന് വെച്ചാൽ അധ്യാസ ലക്ഷണം ആദ്യം വിസ്തൃതമായ ലക്ഷണം പറയുന്നു രണ്ടാമത് അതിന്റെ സംക്ഷിപ്ത ലക്ഷണം പറയുന്നു ഉച്ചതേ സ്മൃതി രൂപ പരത്ര പൂർവദിഷ്ടാവപാസ സ്മൃതിരൂപം എന്ന് പറയുന്നത് എന്താണ് സ്മൃതി രൂപം ഇവ രൂപം അസ്യ അങ്ങനെയാണ് അധ്യാസം സ്മൃതി രൂപം എന്ന് പറയുന്ന സാധനം ഒന്നും അത് സ്മൃതിയാണ് സ്മൃതിയല്ല അധ്യാസം വേറെയാണ് സ്മൃതി വേറെയാണ് പക്ഷെ പൂർവ്വ സംസ്കാരം കാരണമാണ് അതുകൊണ്ട് ഇപ്പൊ രജ്ജു ഒരു സർപ്പത്തിന്റെ ഭ്രമം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർപ്പജ്ഞാനം എന്നാൽ മുമ്പ് കണ്ട സർപ്പത്തെ ഇപ്പൊ രജുവിൽ സ്മരിക്കുകയാണോ അല്ല എന്തുകൊണ്ട് ഇത് പ്രത്യക്ഷം ഞാനുമാണ് മുൻപ് സർപ്പത്തെ പ്രത്യക്ഷമായി കാണുകയാണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ സാക്ഷിപാസ്യം പറയും ഇന്ദ്രിയാർത്ഥ സന്നിവേശം കൊണ്ടല്ല അതിനോട് വസ്തുവില്ല അതുകൊണ്ട് ഇന്ദ്രിയാർത്ഥ സന്നിവേശം രജ്ജു സർപ്പത്തില് സർപ്പജ്ഞാനം ഉണ്ടാവുന്ന ഇന്ദ്രിയവും സർപ്പവുമായിട്ട് സന്നിവേഷവും ഉണ്ടാകത്തില്ല സർപ്പം ഇല്ല അവിടെ അപ്പോ പക്ഷെ ഒരു സംസ്കാരമില്ലാതെ ഉണ്ടാകത്തില്ല അപ്പോ എന്ത് വേണം പൂർവ്വസംസ്കാരം വേണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് രൂപം ഇവ രൂപം അസിയ സ്മൃതി പോലെയാണ് എന്നാൽ പരത്ര രജുവിൽ പൂർവദിഷ്ട അവഭാസ പൂർവദിഷ്ടമായ സർപ്പത്തിന്റെ ഔപാസം പ്രതീതി അനുഭവം ഇതാണ് അതിന്റെ പൂർണമായ ലക്ഷണം ഇതേ അത്യാസം തന്നെയാണ് ഇവിടെ ആത്മാവിന്റെ അനാത്മാവിന്റെ കാര്യത്തിലും പറയുന്നു ബ്രഹ്മത്തിൽ പറയുന്നു പൂർവ്വദിഷ്ടമായിരിക്കുന്ന പൂർവ്വതൽപ്പത്തിൽ ദുഷ്ടമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആരോപമാണ് അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നിഷ്ടമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആരോപമാണ് അല്ലെങ്കിൽ പൂർവ്വ ജാഗ്രത്തിൽ നിഷ്ടമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആരോപമാണ് അപ്പൊ ഇത് ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നതിന് കാരണമെന്താണ് സംസ്കാരമാണ് പൂർവ സംസ്കാരം ഔഭാസം എന്ന് പറയുന്നത് ഭാഗികാരം പറഞ്ഞ അവസന്നോ അവമതോ പാസോ ഔഭാസോ ഇത് ബാധിച്ചു പോകുന്ന പ്രതീതിയാണ് അതൊക്കെ ഭാഗികാരൻ പറഞ്ഞാണ് ഇതിനുള്ള വിശദമായി ഭാമതി ചർച്ച ചെയ്തതാണ് തം കേ അന്യത്ര അന്യധർമ്മ അധ്യാസ രീതി വധന്തി എത്രയേത് അധ്യാസ് തദ്വിവേകനിബന്ധനോ ത്യത്രീ അധ്യാസം അന്യത്ര അന്യധർമ്മ ഇത് ഭാവനീകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഈ പറയുന്നത് ബോദ്ധപക്ഷം വിവരണകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഈ പറയുന്നത് ികം ഒരേ വാക്യമാണ് എന്ത് അന്യത്ര അന്യധർമ്മ അധ്യാസന്തി ഭാവനികാരൻ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് വിവരണകാലം മറ്റൊരു രീതിയിലാണ് ഇപ്പൊ രണ്ടുപേരും അവരവരുടെ യുക്തികൾ അനുസരിച്ച് പറയും എന്തായാലും രണ്ടുപേരും അധ്യാസത്തെ അംഗീകരിക്കുന്നു പക്ഷെ ആരുടെ പക്ഷം നോളാണ് പറയുന്നത് എന്താണ് ബൗദ്ധ പക്ഷം വിവരണകാരം പറയുന്നത് എന്താണ് താർക്കിക ത് കേജത്തോ എത്രാസേക അഗ്രഹ നിബന്ധനവും ഭ്രമീ പറഞ്ഞ രണ്ടു കൂട്ടരും പറയുന്ന മീമാംസപക്ഷഖ്യാതിപാദം ഭ്രമയില്ല എന്ന് പറയുന്നവരുടെ മീമാംസകരിൽ പ്രാഭാവ് പക്ഷം അത് വിശദമായി ചർച്ച ചെയ്തതാണ് വളരെ ദീർഘമായി മൂന്നാമത് പറയുന്നത് അന്യേതു എത്രയേത് അധ്യാസ ഇത് ഭാമികാരം പറയുന്ന ഇത് താർക്കിക പക്ഷമെന്നാണ് പക്ഷെ വിവരണകാരം പറയുന്നത് എന്താണ് ഇത് ബൗദ്ധപക്ഷം എന്നാണ് ഒരേ വാക്യം തന്നെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെ അവരുമായിട്ട് കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഇവിടെയൊക്കെയാണ് രണ്ടും തമ്മിൽ വരുന്നത് വ്യത്യാസം അതു പിന്നെ ഇത്രയുള്ള വിശദീകരിച്ചാണ് അതുകൊണ്ട് പിന്നെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ നിന്നൊക്കെ ഭാഷകാലുന്ന ഒരു ഭാഗം മാത്രം എന്താണ് അന്യത്ര അന്യധർമ്മ അധ്യാസം ഇതെല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് അന്യത്ര ശുക്തിഗാതവും ശുക്തിഗീതം മറ്റും അന്യധർമ്മ അധ്യാസ രജതധർമ്മ അധ്യാസ് അതുപോലെ അന്യത്ര ആത്മാവിൽ അനാത്മധർമ്മ അധ്യാസം അതിനടുത്ത് പറയുന്നത് സർവതാപിത്വ അന്യസ്യ അന്യധർമ്മാസത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ് ഒന്നിൽ മറ്റൊന്നിന്റെ അധ്യാസം അല്ലെങ്കിൽ ആരോപം അദ്വൈതിയുടെ മാത്രം എന്താണ് സവിശേഷതയാണ് എന്ത് ആത്മാവിൽ പ്രപഞ്ചത്തെ മുഴുവൻ ആരോപിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണ് അതുകൊണ്ട് പ്രപഞ്ചം ബാധിക്കപ്പെടുന്നതാണ് അപവദിക്കാമെന്നുള്ളതാണ് സത്യമല്ല തഥാ ലോകി അനുഭവ ശുക്തികാഹി രജതാസത ഏക ചന്ദ്ര സിഅവീ അതുകൊണ്ട് എന്താണ് ലോകത്തിന്റെ അനുഭവം ഉണ്ട് ശക്തിക രജതപത്വം എന്ന് പറയുന്ന ഭ്രാന്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തിക രജതമല്ലോ രജതപദ് രജതം പോലെ അനുഭവപ്പെടുന്നു ഏകചന്ദ്രസീയ ഒരു ചന്ദ്രൻ തന്നെ എന്ത് ചെയ്യുന്നു രണ്ട് ചന്ദ്രനായി അനുഭവപ്പെടുത്തുന്നു അപ്പൊ ശുക്തികാഹി രജതപത് ശക്തിക രജതമായി അനുഭവപ്പെടുന്നു പറയുന്നു നിരുപാധികമായ ഭ്രമമാണ് അവിടെ ഉപാധികളൊന്നും ഏകച്ചന്ദ്ര സദ്യതിയോ എന്ന് വെച്ചു ഉപാധി കൊണ്ട് സംഭവിക്കുന്നതാണ് കണ്ണില് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണിത് ചന്ദ്രൻ രണ്ടായി കാണുന്നത് രണ്ടർത്തെന്താണ് ഭ്രമമാണ് എന്നർത്ഥം കഥം പുനഃപ്രത്യേകാത്മന് അവിഷയ അധ്യാസോ വിഷയ ധർമ്മ ഇവിടെ പൂർവോക്ഷമാണ് ബാഹ്യമായി അധ്യാസം സംഭവിക്കാം എന്തുകൊണ്ട് ശുപ്തിക വിഷയമാണ് അതിൽ രജതാധ്യാസം ഉണ്ടാവാം രജ്ജു വിഷയമാണ് സർപ്പാധ്യാസം ഉണ്ടാവാം പക്ഷെ പ്രത്യേകാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത് അത് അവിഷയമാണോ വിഷയമെന്താ ബുദ്ധിക്ക് വിഷയം അല്ല അതിലെങ്ങനെ അധ്യാസം സംഭവിക്കും എന്നുള്ളതാണ് അധ്യാസത്തെ അംഗ അംഗീകരിക്കുമ്പോൾ ചോദ്യമാണ് പതിനാല് പറയുന്നത് എന്താണ് സർവോഹി പുരോഗസ്ഥിതേ വിഷയ വിഷയാന്തരം സർവരും പുരോവസ്ഥിതെ വിഷയം മുമ്പിൽ ഉള്ള ഒരു വിഷയത്തിൽ മറ്റൊരു വിഷയത്തെ അധ്യസിക്കുകയാണ് മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്നിടത്താണ് അധ്യാസം നടക്കുന്നത് രജ്ജുവായാലും ശക്തിയായാലും അവിടെയൊക്കെ ഹിതം എന്നുള്ള രീതിയിൽ എന്തു ചെയ്യുന്നു ശക്തിയും അതുമെല്ലാം അനുഭവത്തിന് വിഷയമായിരിക്കും അവിടെയാണ് അധ്യാസം നടക്കുന്നത് ആത്മാവ് അങ്ങനെ വിഷയമല്ലോ അതെങ്ങനെ അധ്യാസം നടക്കുന്നതാണ് വിഷയാന്തനസ്ഥു പ്രവേശി ഇത് എന്നറിയാൻ കഴിയാത്തതാണ് ഇതെന്നറിയാൻ കഴിയാത്ത പ്രത്യേകാത്മാ അവിടെ എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു അത് അഭിഷയമാണല്ലോ ആ ഉത്തരം പറയുന്നു ഉച്ചതേ എന്ന താവതായ മേകാന്തേന അഭിഷേഹ ഇത് പൂർണമായ അംശയമല്ല ഏത് ആത്മാവ് പിന്നെ എങ്ങനെയാണ് അസ്മത് പ്രത്യവിഷയത്വ ഇത് അസ്മത്വത്യഹമെന്നുള്ള ബോധത്തിന് വിഷയമാകുന്നു ആത്മാവ് അപരോക്ഷത്വാച്ച ഇത് അപരോക്ഷമായിരിക്കുന്നു പ്രത്യേകാത്മപ്രസിദ്ധേഹേ എന്നാണ് പ്രത്യേകാത്മാവ് എന്ന് പറയുന്നത് എന്താണ് പ്രസിദ്ധമാണ് എന്നാണ് നിവരണകാരം വ്യാഖ്യാനിക്കുന്നത് ഭാവനികാരം വ്യാഖ്യാനിക്കുന്നത് അപരോക്ഷത്വാച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹേ പ്രത്യേകാത്മ പ്രസിദ്ധേഹേ അപരോക്ഷത്വാച്ചാണ് പ്രത്യേകാത്മാവിന്റെ ജ്ഞാനം അത് അപരോക്ഷമാണ് പ്രത്യേകാത്മാവിന്റെ ജ്ഞാനം എന്ന് പറയുമ്പം പ്രത്യേകാത്മാവ് തന്നെയാണ് ജ്ഞാനം എന്നാലും പ്രത്യേകാത്മാവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഉപാധിയോട് കൂടിയിരിക്കുമ്പോ എന്ത് ചെയ്യുന്നു അവിടെ ജ്ഞാനം അപരോക്ഷമായിരിക്കുന്നു അപരോക്ഷമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഇന്ദ്രിയാദികളുടെയൊന്നും സഹായം കൂടാതെ തന്നെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവരൂപത്തിലിരിക്കുന്നു കരണങ്ങളുടെയൊന്നും സഹായം കൂടാതെ തന്നെ അതാണ് അപരോക്ഷം എന്ന് പറയുന്നു ഇന്ദ്രിയും മറ്റും സഹായം കൂടാതെ അറിവ് എന്ന് പറയുന്നത് എന്താണോ അനുഭവ രൂപത്തിലിരിക്കുന്നത് പ്രത്യേകാത്മപ്രസിദ്ധി പ്രത്യേകാത്മന പ്രസിദ്ധി പ്രഥ എന്ന് വെച്ച ജ്ഞാനം അത് അപരോക്ഷമാണ് എന്നാണ് ഭാമധികാരം വ്യക്തി അപ്പോ അത് അഹം പ്രത്യ വിഷയത്വം എന്ന് പറയുമ്പോ അഹം പ്രത്യ ആശ്രം അഹോ എന്ന് പറയുന്ന ബോധത്തിന് ആശ്രയമായിരിക്കുന്നത് എന്തോ അത് വിഷയം എന്ന് പറഞ്ഞാൽ എന്തെറ്റില്ല കാരണം സ്വാഭാവികമായി ആത്മാവ് വിഷയമായിരിക്കും നിരുപാധികമായത് വിഷയമാകുന്നില്ല പക്ഷെ അഹോന്ന് പറയുമ്പോ എന്താണ് അത് അധ്യാസമാണ് അഹോന്നുള്ള അനുഭവം തന്നെ എന്താണ് അധ്യാസമാണ് ഈ അനുഭവത്തെ തന്നെയാണ് അധ്യാസം ഉള്ളത് നമ്മുടെ ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാമ്യം സംഭവിച്ചിരിക്കുകയാണ് വെച്ചാൽ അന്ധക്കരണം ചൈതന്യത്തിൽ അധ്യസിച്ചിരിക്കുക അന്ധക്കരണം ചൈതന്യത്തിൽ അധ്യസിച്ചിരിക്കുന്നു ചൈതന്യ സംസർഗം അന്ധകരണത്തിനും അധ്യസിച്ചു ചൈതന്യം അന്ധകരണത്തെ അധ്യസിക്കില്ല ചൈതന്യ സംസർഗം അന്ധകരണത്തിൽ ഒന്നു കാരണം ചൈതന്യം അന്ധകരണത്തെ കഴിഞ്ഞാൽ ചൈതന്യവും വിധേയക്കൂ അത് സ്വീകരിക്കുന്നില്ല വ്യാഖ്യാതാക്കള് പറയുന്നവണ് ഭാഷകാരാഹനെ ചൈതന്യത്തിന്റെ സംസർഗം എവിടെ വന്നു അന്ധക്കരണം എന്ത് ചെയ്തു സ്വരൂപേണയുടെ ആത്മാവിന്റെ അതാണ് അഹോന്നുള്ള അനുഭവം അപ്പൊ ഈ അഹോന്ന് പറയുന്ന അനുഭവത്തിൽ എന്താണ് പ്രത്യേകാത്മ ചൈതന്യവും പ്രകാശിക്കുന്നുണ്ട് ആ പ്രകാശം അതിനാണ് അനുഭവം എന്ന് പറയുന്നത് പ്രകാശം അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തിന് ഈ അനുഭവത്തിന് ഇന്ദ്രിയങ്ങളുടെയും മറ്റു കർണങ്ങളുടെയൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് അതിനപരോഷമുള്ളത് ഇതൊക്കെ അതെല്ലാം അദ്വൈതികളുടെ നിലപാടാണ് വിശിഷ്ടാദ്വൈതയിലേക്ക് വരുമ്പോൾ ഇതിനെ മുഴുവൻ നിഷേധിക്കുന്നു ഈ പറയുന്ന ശങ്കരാചാര് എല്ലാ വാദങ്ങളെയും എല്ലാം നിഷേധിച്ചിട്ട് രാമാനുജാ രാമാനുജാചാര്യൊക്കാൾ കൂടുതൽ നിഷേധിക്കുന്നത് വേദാന്ത ദേശികൻ രാമാനുജാ വ്യാഖ്യാനിച്ച താപര്യ ചന്ദ്രികാരൻ എഴുതിയാണ് വേദാന്തീ പറയുന്ന എല്ലാ വാദങ്ങളെയും കണ്ടിക്കുകയാണ് നമ്മളീ പറയുന്ന അധ്യാസം എന്ന് പറയുന്നത് എന്താണ് വേദാന്ത ദേശീയന്റെ അഭിപ്രായത്തെ എന്താണ് വേറൊരു അസംബന്ധമാണ് ഈ പറയുന്നതെന്ന് പറയുന്നത് മനസിലായ വേദാന്ത ദേശീയന്റെ വാദങ്ങളൊക്കെ വളരെ ശക്തമാണ് വേദാന്ത് പറയുന്നത് ഒരു വലിയ പ്രതിഭാശാലിയാണ് അത് വേറെ വശം പക്ഷെ അദ്വൈതത്തെ വ്യാഖ്യാനിക്കാൻ ഒരുപാട് പേരുണ്ട് അദ്വൈതത്തിന്റെ വ്യാഖ്യാതാക്കൾ അവരെന്ത് ചെയ്യുന്നു അധ്യാസത്തെ ഇവിടെ സമർത്ഥിക്കുകയാണ് അപ്പൊ അവന് പറയുന്നത് എന്താണ് നിർഗുണ നിരാകാര നിത്യശുദ്ധ ബുദ്ധ മുക്തമായ ഒരു ചൈതന്യം ഉണ്ട് ആ ചൈതന്യത്തിന്റെ അന്ധകരണത്തെ ആരോഗ്യം സംഭവിക്കുന്നു അനാദിയായി സംഭവിക്കുന്നു എപ്പോ ആര് ആരോപിച്ചു എന്ന് ചോദിക്കുന്ന അർത്ഥം എന്താ എന്താണ് അനാദിയായി സംഭവിക്കുന്നു അപ്പൊ ആ അന്ധകരണത്തിൽ എന്ത് ചെയ്തു ആത്മസംസർഗം വന്നു സംസർഗം വന്നുകൊണ്ട് എന്ത് ചെയ്തു അവിടെ സംഭവിക്കുന്നതാണ് അധ്യാസം ആ അധ്യാസമാണ് നമ്മുടെ അനുഭവത്തിൽ ഇരിക്കുന്നു അഹം എന്റെ മമ ഈ അഹം എന്ന് പറയുന്ന നമ്മുടെ അനുഭവം തന്നെയാണ് അധ്യാസം ആണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുഭവം തന്നെയാണ് അധ്യാസം അപ്പൊ അതിന് ഒന്ന് അങ്ങനെ ഒരു അധ്യാസം സംഭവിക്കണമെങ്കിൽ നിത്യശുദ്ധ ബുദ്ധമായിട്ടുള്ള ഒരു ചൈതന്യം വേറെ വേണം എന്നാലും അധ്യാസം സംഭവിക്കും ജഡമായ എന്തൊക്കെ വേണം കേവലം ആ നിത്യശുദ്ധമായിരിക്കുന്ന ചൈതന്യവും അന്ധകരണവും തമ്മിൽ മാത്രമല്ല ആ ചൈതന്യവും അന്ധകർണവുമായി സംഭവിക്കുന്നു ചൈതന്യവും ശരീരമായി സംഭവിക്കുന്നു എന്തിന് ആ ചൈതന്യവും പ്രപഞ്ചവുമായി സംഭവിക്കുന്നു പ്രപഞ്ചത്തിൽ ആ അധ്യാസത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെ സത് എന്നുള്ള അനുഭവം സത് അനുഭവം പറയുന്നത് പ്രപഞ്ചത്തിൽ വരുന്ന ബ്രഹ്മ താതാത്മ്യ അനുഭവമാണ് അവിടെ സത്തായിട്ടനുഭവിക്കുന്നത് ഇതം എന്ന് പറഞ്ഞാലും അങ്ങനെയും പറയാം പക്ഷെ സത്താണ് മുഖ്യമായിട്ട് ശരീരത്തിൽ വന്നപ്പോഴാണ് അതെങ്ങനെ അറിയുന്നത് ഇതം മമ എന്നറിയുന്നത് ശരി ശരിക്കും അന്ധക്കരണത്തിൽ വരുമ്പോഴാണ് എങ്ങനെ അറിയുന്നത് അഹം അപ്പോ അധ്യാസം നടക്കണമെങ്കിൽ ശങ്കരാചാര്യർ പറയുന്ന അധ്യാസം നടക്കണമെങ്കിൽ എന്തുവേണം ഈ അന്ധക്കരണത്തിനും ശരീരത്തിനും ഈ പ്രപഞ്ചത്തിനുമെല്ലാം അതീതമായി നിത്യശുദ്ധമായി ആത്മാവിനു സ്വീകരിച്ചാ പോലെ ആത്മാവിനെ സ്വീകരിക്കുന്നവരെല്ലാം എന്താണ് രാമാനുജാ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അധ്യാസം കണാകനും കപിലനും കപിലൻ തന്നെ ഏകദേശം എന്നാലും അദ്വൈനെ പോലെ എന്താ ചെറിയ രീതിയിൽ സ്വീകരിക്കുന്നു പറയാം ജയിമിനിയും ഇവരാരും തന്നെ എന്താണോ ആത്മാവനം സ്വീകരിക്കുന്നവരാണ് ഇവരാരും തന്നെ അധ്യാസത്തെ സ്വീകരിക്കുന്നത് അപ്പോ പൂർവാചാര്യന്മാരെ എല്ലാം തുടങ്ങി ഇങ്ങോട്ടുള്ള ഗൗതമൻ പ്രണാതൻ തുടങ്ങി എല്ലാവരെയും നിഷേധിച്ചിട്ടാണ് ശങ്കരാചാര്യ എന്തു ചെയ്തത് അധ്യാസത്തെ സ്വീകരിച്ചു അപ്പോ കാരണമായി അധ്യാസം സ്വീകരിച്ചാണ് ശങ്കരാചാര്യ സവിശേഷ എന്തുകൊണ്ട് ഈ വ്യവഹാരം സംഭവിക്കുന്നതാണ് കാരണം അധ്യാസം മറ്റുള്ളവർ അതിന് പല പല പല കാരണങ്ങൾ പറയും പല കാരണങ്ങളും പറയും വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്താണ് ജാഗ്രത സ്വപ്ന രണ്ട് വ്യവഹാരങ്ങളും ഇതിന് നടക്കുന്ന സർവ്വകാര്യങ്ങളും ഇതിനകത്താണല്ലോ പ്രപഞ്ചം ഉൾപ്പെടെ എല്ലാത്തിനും കാരണമായിട്ട് എന്തിനു സ്വീകരിച്ചിരിക്കുന്നു അധ്യാസം അധ്യാസമില്ലേ അദ്വൈതമില്ല പിന്നെ അദ്വൈതത്തെ ഈ അധ്യാസന്നെയാണെന്തു പറയുന്നത് അധ്യാരോപം എന്ന് പറയുന്നത് ഇതിനെ തന്നെ അത് സാറിന് പറയുന്നത് ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തിന്റെ അധ്യാസം എന്ന് പറയുന്നിടത്താണ് എന്ത് പറയുന്നത് അധ്യാരോപം എന്ന് പറയുന്നു അഹംബോധം വരുന്നിടത്താണ് എന്ത് പറയുന്നത് അധ്യാസം സാറിന് വ്യവഹാര സൗകര്യത്തിന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പറയുന്നു ആത്മാവ് വിഷയമാണ് എല്ലാവർക്കും സമ്മതമായൊരു കാര്യമാണ് അഹംബോധം എല്ലാവർക്കും അഭിപ്രായം വ്യത്യാസം അഹംബോധമുണ്ട് അതിന് അദ്വൈതിയുടെ അഭിപ്രായം എന്താണ് ഈ അഹംബോധം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് മറ്റുള്ളവരതിനോട് യോജിക്കുന്നില്ല അതിൻ്റെ വ്യാഖ്യാനത്തില് ഒരുപാട് ചർച്ച ചെയ്ത് പ്രത്യക്ഷമായടത്തു മാത്രമേ അധ്യാസ് സംഭവിക്കുന്നു പറഞ്ഞു കാരണം രജുവിൽ സർപ്പം അവന് പറഞ്ഞു ആത്മാവില് അധ്യാസം സംഭവിക്കും ആത്മാവും പ്രത്യക്ഷമാണ് അവനുകൂടെ അപരോക്ഷം പറഞ്ഞു അപ്പൊ അടുത്തൊരു വർഷം ബന്ധം നച്ചായ മസ്തി നിയമ പുരോഗസ്ഥിതി ഏവ വിഷയവിഷയാന്തരം അധ്യസ്ഥിതവ്യമിരി അപ്രത്യക്ഷിപ്പി ആകാശെ ബാലാഹ തലമിനി അപ്പൊ പറയുന്നു സാറിന് അദ്ദേഹം സംഭവിക്കുന്ന മുമ്പിലുള്ള വസ്തുക്കളിലാണ് മുമ്പിൽ ഒരു കയർ കിടന്ന അവിടെ രജൻ സർപ്പത്തിന്റെ അനുഭവം ശക്തി കടന്നാ എന്തോരാനുഭവം അങ്ങനെയാണ് സാറിന് സംഭവിക്കുന്നത് അപ്പോ ഇവിടെ ആത്മാവ് മുമ്പിലല്ലോ പറഞ്ഞെടുത്തോളൂ ആത്മാവിന്റെ അനുഭവം എങ്ങനെയാണ് അഹം അങ്ങനെയാണ് അപ്പോ അങ്ങനെ അഹം എന്നുള്ള ഇവിടെ എങ്ങനെ അധ്യാസം സംഭവിക്കുന്നത് ബാക്കി എവിടെയെല്ലാം അധ്യാസം സംഭവിക്കുന്നു അവിടെ ഹിതം എന്ന് പ്രത്യക്ഷമായി അറിയുന്നിടത്താ സംഭവിക്കുന്നു അതിനാണ് കൂടെ പറയുന്നത് നജ അയമീയമാ പുരോഗസ്ഥിതേവ വിഷയ വിഷയാന്തരം അന്ത്യസ്ഥിതവ്യമി അങ്ങനെ നിയമമൊന്നുമില്ല മുമ്പിൽ കാണുന്ന ഒരു വസ്തുവിൽ മറ്റൊന്നും അധ്യസിക്കണം അങ്ങനെ നിയമവും ഇല്ല പുരോഅസ്വ വിഷയം അതാണ് ഗജു വിഷയാന്തരം സർപ്പം അധ്യസിക്കണം അങ്ങനെ നിയമം അങ്ങനെ ഒരു നിയമവും ഇല്ല എന്തുകൊണ്ട് അപ്രത്യക്ഷ ബിഹ്യാകാശേ ബാലാഹ തലമ്യസന്തി പറയുന്നത് പറഞ്ഞു വരുന്നതനുസരിച്ച് പറയണം ആകാശം എന്ന് പറയുന്നത് താർക്കികന്മാർ പറയുന്നില്ല അതിന് രൂപമില്ല അതുകൊണ്ട് അതിന്റെ പ്രത്യക്ഷം ഇല്ല ആകാശത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാവുന്നില്ല ഇല്ലെങ്കിലും ആകാശത്തിൽ എന്താണ് ആകാശം മലിനമാണ് എന്ന് പറയാറുണ്ട് കാരണം വായു നിറഞ്ഞിരിക്കുമ്പോൾ ആകാശം മലിനമാണെന്ന് പറയാം പുക നിറഞ്ഞിരിക്കുമ്പോൾ ആകാശം മലിനം എന്ന് പറയാം പിന്നെ എന്താണ് ഒരു തുറന്ന സ്ഥലത്ത് നിന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ചട്ടിയെടുത്ത് ഇങ്ങനെ കമഴ്ത്തിയതുപോലെ കാണുന്നുണ്ട് അപ്പോൾ ഒരു പ്രതലം ആകാശത്തിൽ കല്പിക്കുന്നുണ്ട് പ്രതലം ആകാശത്തിൽ അങ്ങനെ ഒരു പ്രതലം ഇല്ല എന്ന് നമ്മൾ പറയുന്നു അപ്പോ എന്താണ് ഒരു പ്രതലം കൽപ്പിക്കുകയാണ് പ്രത്യക്ഷമല്ലെങ്കിലും ആകാശത്തിൽ ഇതൊക്കെ കൽപ്പിക്കുന്നുണ്ട് പൊടിപഠനങ്ങളെ കല്പിക്കുന്നു ആകാശത്തിന് ഇത് എന്ന് പ്രത്യക്ഷമായി അറിയുന്നില്ലെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നു ആരോപങ്ങൾ സംഭവിക്കുന്നുണ്ട് മലിനത്തെ ആരോപിക്കുന്നു പ്രതലത്തെ ആരോപിക്കുന്നു അതുപോലെ ആത്മാവ് ഇത് എന്ന് ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിലും അവിടെ അഹം എന്നുള്ള അധ്യാസം സംഭവിക്കാം എന്നുള്ള അപ്രത്യക്ഷം അപ്രത്യക്ഷമാണെങ്കിലും അപ്രത്യക്ഷം എന്ന് പറയുന്ന ഇതാണ് ആകാശം എന്ന് പറയുന്നത് രൂപരഹിതമായത് ചാക്ഷരപ്രത്യക്ഷം അല്ലെങ്കിലും ബാലാഹഅ അവിവേകികൾ തലമലിനി തലം പ്രതം മലിനത ഇതെല്ലാം അധ്യസ്യന്തി എന്ന് വെച്ച് ആരോപിക്കുന്നു അഭിരുദ്ധ പ്രത്യേകാത്മനി അതുകൊണ്ട് എന്താണ് പ്രത്യേകാത്മാവിലും അനാത്മാധ്യാസം സംഭവിക്കാം പ്രത്യേകാത്മാവിനും അനാത്മാക്കളെ അധ്യസിക്കാം പ്രത്യേകാത്മാവിൽ അനാത്മാധ്യാസം അന്തക്കെണ്ണ അധ്യാസം എന്ത് സംഭവിക്കുന്നത് അഹംബുദ്ധി ശരീരാഭ്യാസം വരുമ്പോഴാണ് ശരീരം എന്നുള്ള ബോധം അപ്പോ ഇനി ആകാശം എന്താണ് അദ്വൈതകളിൽ തന്നെ ആകാശം പ്രത്യക്ഷമാകാം എന്ന് പറയുന്നവരുമുണ്ട് ആകാശത്തിന്റെ എന്താണ് മാനസപ്രത്യക്ഷം സംഭവിക്കുക എന്നൊക്കെ പറയുന്നവരുമുണ്ട് അദ്വൈതകളിൽ തന്നെ ഇവിടെ ഇപ്പൊ ഭാഷകാരം പറയുന്നത് എന്താണ് കാശം അപ്രത്യക്ഷമാണ് ഇനി ആകാശത്തിന്റെ പ്രത്യക്ഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അധ്യാസത്തിന് തടസ്സമൊന്നുമില്ല പക്ഷെ ഇവിടെ ആകാശം പ്രത്യക്ഷ അപ്രത്യക്ഷണെന്നുള്ള താർക്കികന്മാരുടെയും മറ്റും ഭക്ഷണം അവരാണ് പറയുന്നത് ആകാശം രൂപമില്ലാതുകൊണ്ട് എന്റെ പ്രത്യക്ഷം ഇല്ല അപ്പോ അങ്ങനെ ആ പക്ഷം എടുത്തുകൊണ്ട് ആത്മാവിന്റെയും പ്രത്യക്ഷമില്ല ബാഹ്യമായ പ്രത്യക്ഷമില്ലെങ്കിലും അധ്യാസം സംഭവിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആത്മാവ് പരോക്ഷമാണ് അപ്പൊ ഇന്ദ്രിയ പ്രത്യക്ഷം ഇല്ലെന്നേ ഉള്ളൂ മറിച്ച് എന്താണോ ഇന്ദ്രിയങ്ങളുടെ ഒന്നും സഹായം കൂടാതെയുള്ള ആത്മാവിന്റെ പ്രത്യക്ഷമുണ്ട് ആ പ്രത്യക്ഷത്തിന് എന്ത് പറയുന്നത് അനുഭവം ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി വരുന്ന പ്രത്യക്ഷത്തേണ് നമ്മള് വസ്തുക്കളുടെ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി വരുന്ന പ്രത്യക്ഷം അതിന് സാധാരണ പ്രത്യക്ഷം അപരോക്ഷം എന്ന് പറയുമ്പോൾ ഒരു സഹായം കൂടാതെ ആത്മാവിന്റെ പ്രത്യക്ഷം അതിനെയാണ് അറിവ് അല്ലെങ്കിൽ അനുഭവം ആത്മാവിന്റെ പ്രത്യക്ഷം തന്നെയാണ് അറിവെന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ള എന്താണ് ഈ ആത്മാവിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നതും ഇവിടെ സ്വാഭാവികമാണ് ഉപാധികൊണ്ടാണ് അന്ധകീർണമാകുന്ന ഉപാധി കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അതിനെയും അദ്വൈതികൾ എന്താ പറയുന്നത് ആത്മാവിന്റെ എന്താണ് പൂർണമായൊരു പ്രത്യക്ഷമൊന്നല്ല മറിച്ച് നിരുപാധികമായ പ്രത്യക്ഷം ഒന്നു സ്വാഭാവികമായ പ്രത്യക്ഷമാണ് അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന പ്രത്യക്ഷം എന്ന് പറയാം ആത്മാവിന്റെ അപരോക്ഷത ആത്മാവിന്റെ അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന പ്രത്യക്ഷം അവിടെ ഇന്ദ്രിയങ്ങളുടെ എന്ന അധ്യാസം സംഭവിക്കുന്നു അതുകൊണ്ടാണ് സുഷുപ്തിയിൽ എന്താണ് അധ്യാസം ങ്ങനെയാണോ അഹമെന്ന് പ്രത്യക്ഷമുള്ളത് അതുപോലെ സുഴുത്തിൽ അഹമെന്നുള്ള പ്രത്യക്ഷം ഇല്ല എന്തുകൊണ്ടവിടെ അധ്യാസം ഇല്ല അവിടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഒന്നിന്റെയും പ്രത്യക്ഷമില്ല ഇന്ദ്രിയ ഇല്ലാതെ അധ്യാസത്തിന്റെ അധ്യാസരൂപത്തിലുള്ള അനുഭവങ്ങളുമില്ല ആണൊന്നും പറഞ്ഞില്ല പറയുന്നത് വ്യാഗ്രഹത്തില് അങ്ങനെയല്ല അപ്രോക്ഷമായ അറിവുണ്ട് അതാണ് പറയുന്നത് ശരിയെന്നാ തരം